നിങ്ങൾ ഒഴികഴിവുകൾ പറയേണ്ടതില്ല നിങ്ങളുടെ വിശ്വാസത്തിനു ശേഷം നിങ്ങൾ സത്യനിഷേധികളായിരിക്കുന്നു നിങ്ങളിൽ ഒരു വിഭാഗത്തിന് ഞങ്ങൾ മാപ്പ് നൽകിയാൽ മറ്റൊരു വിഭാഗത്തെ ഞങ്ങൾ ശിക്ഷിക്കും കാരണം അവർ കുറ്റവാളികളായിരുന്നു